പ്രകാശം ചൊരിയുന്ന ചിന്തകൾ ലേഖനങ്ങളായി വിടർന്നപ്പോൾ നിങ്ങൾക്കായി അവ പരിചയപ്പെടുത്തുകയാണ് വായനാലോകം അവതരണം ദിവസത്തിന്റെ ഒരു ശതമാനം സമയം പോലും ജീവിതത്തെ മുഴുവൻ മാറ്റിമറിക്കുന്നത് എങ്ങനെ മാസികയിൽ പ്രൊഫസർ കെ ജെ മാത്യു എഴുതിയ ജീവിതം മാറ്റിമറിക്കുന്ന സമയം എന്ന ലേഖനമാണ് ഈ ആഴ്ച വായനാലോകം ശ്രോതാക്കൾക്കായി പരിചയപ്പെടുത്തുന്നത് മാൽക്കം മഗ്രിഡ്ജ് ബി ബി പ്രശസ്തനായ എഴുത്തുകാരൻ കൂടിയാണ് അദ്ദേഹം മദർ തെരേസയെക്കുറിച്ച് മനോഹരമായ ഒരു പുസ്തകം അദ്ദേഹം എഴുതിയിട്ടുണ്ട് സംതിങ് ബ്യൂട്ടിഫുൾ ഫോർ ഗോഡ് എന്ന ശീർഷകത്തിൽ ആയിരത്തി രചിക്കപ്പെട്ട ആ പുസ്തകം പാശ്ചാത്യ ലോകത്ത് മദർ തെരേസയെ പ്രശസ്തിയാക്കാൻ തല്ലൊന്നുമല്ല സഹായിച്ചത് മദറുമായി അനേക തവണ നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം വ്യക്തിപരമായ ബോധ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് മഗ്രിഡ്ജ് ഈ പുസ്തകം എഴുതിയത് അങ്ങനെയുള്ള ഒരു കൂടിക്കാഴ്ചയിൽ അദ്ദേഹം ഇപ്രകാരം മദറിനോട് ചോദിച്ചവത്രേ മദർ എങ്ങനെയാണ് അങ്ങേക്ക് ഇത്ര അതിശയകരമായ ആശയങ്ങൾ ലഭിക്കുന്നത് മദറിൻ്റെ മറുപടി ശ്രദ്ധേയമാണ് ഞാൻ ഒരു സാധാരണക്കാരിയാണ് എന്നാൽ അസാധാരണനായ സർവശക്തൻ്റെ മുമ്പിൽ അനേക മണിക്കൂറുകൾ ചെലവഴിക്കുമ്പോഴാണ് എനിക്ക് അസാധാരണമായ ആശയങ്ങൾ ലഭിക്കുന്നത് വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ഒരു ദിവസം തൻ്റെ സ്വകാര്യ ചാപ്പലിൽ പ്രാർത്ഥനയിൽ മുഴുകിയിരിക്കുകയായിരുന്നു അപ്പോൾ അദ്ദേഹത്തിൻ്റെ സെക്രട്ടറി വളരെ തിടുക്കത്തിൽ വന്ന് പരിശുദ്ധ പിതാവിനെ വിളിച്ചു പിതാവെ ഒന്ന് പുറത്തേക്ക് വരാമോ അദ്ദേഹം ചോദിച്ചു എന്തിനാണ് സെക്രട്ടറി മറുപടി പറഞ്ഞു ഒരു വളരെ അടിയന്തര കാര്യം പിതാവിനെ അറിയിക്കാനുണ്ട് പിതാവ് വളരെ ശാന്തനായി ഇപ്രകാരം പറഞ്ഞു വളരെ അടിയന്തര കാര്യമാണെങ്കിൽ ഞാൻ കൂടുതൽ പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ട് ആധുനിക ലോകത്തിലെ രണ്ട് വിശുദ്ധാത്മാക്കളാണ് ഇവർ രണ്ടു പേരും ഈ ലോകം തിന്മ നിറഞ്ഞതാണെന്നും ഇവിടെ വിശുദ്ധിയിൽ ജീവിക്കുക വളരെ ശ്രമകരമാണെന്നും ചിന്തിക്കുന്നവരുടെ മുമ്പിൽ പ്രകാശഗോപുരങ്ങളായി തന്നെ ഇവർ നിലകൊള്ളുന്നു നമ്മളെപ്പോലെ ബലഹീനതകളുള്ളവരാണ് അവരും പക്ഷേ ബലവാനും ബലം നൽകുന്നവനുമായ ദൈവത്തിൻ്റെ മുമ്പിൽ ഓരോ ദിവസവും അനേക മണിക്കൂറുകൾ ചെലവഴിക്കുവാൻ അവർ തീരുമാനിച്ചപ്പോൾ അവരുടെ ബലഹീനതകളിൽ ബലമായി മാറി വിശുദ്ധിയിൽ ജീവിക്കുവാനും വളരുവാനും വേറെ കുരുക്കു വഴികളൊന്നുമില്ലെന്നു സാരം അന്ത്യവിധി വിധിയാളനായ യേശു കർത്താവ് നമ്മെ കുറ്റമില്ലാത്തവരായി കാണണം അതാണല്ലോ നമ്മുടെയൊക്കെ ഏറ്റവും വലിയ ആഗ്രഹം യേശുക്രിസ്തുവിൻ്റെ കൂടെ ആയിരിക്കുക എന്നതാണ് പരമപ്രധാനം കാരണം വിശുദ്ധി ആഗ്രഹിക്കുന്നവർ അതിൻ്റെ ഉറവിടത്തിലേക്ക് തന്നെ ചെല്ലണം സമാധാനം ആഗ്രഹിക്കുന്നവർ യഥാർത്ഥ സമാധാനം നൽകുവാൻ കഴിയുന്നവൻ്റെ അടുക്കലേക്കെത്തണം എപ്പോഴും ആനന്ദിക്കണമെന്നാഗ്രഹിക്കുന്നവർ ആനന്ദ സ്വരൂപൻ്റെ അടുക്കലായിരിക്കണം ഇപ്രകാരം ദൈവത്തിൻ്റെ സന്നിധിയിൽ തനിച്ച് സമയം ചെലവഴിക്കുന്നതിനാണ് വ്യക്തിപരമായ പ്രാർത്ഥന അഥവാ പേഴ്സണൽ പ്രയർ എന്ന് പറയുക പലർക്കും ഇതിനെക്കുറിച്ച് ശരിയായ ധാരണയില്ല ഞാൻ രാവിലെ നടക്കുവാൻ പോകുമ്പോൾ പ്രാർത്ഥിക്കാറുണ്ട് ഞാൻ വാഹനം ഓടിച്ചു പോകുമ്പോൾ പ്രാർത്ഥിക്കാറുണ്ട് അത് മതിയോ എന്ന് ചിലർ ചോദിച്ചേക്കാം അത് പോരാഞ്ഞിട്ടല്ല എന്നാൽ നിങ്ങൾ ഒരു ആത്മീയ മനുഷ്യനായി രൂപാന്തരപ്പെടുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ദൈവത്തിനായി തന്നെ സമയം മാറ്റിവെക്കണം അത് നമ്മൾ ദൈവത്തെ ആദരിക്കുന്നു എന്നതിൻ്റെ ഒരു അടയാളം കൂടിയാണ് തുടക്കത്തിൽ അത് വിരസമായി തോന്നിയേക്കാം എങ്കിലും സ്ഥിരമായി ഇരിക്കുവാൻ തുടങ്ങുമ്പോൾ അത് വലിയ ആനന്ദകരമായ അനുഭവമായി മാറും വായനാലോകം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് മനോജ് തോമസ്